എല്ലാ ജീവനും മരണം രുചിക്കുക തന്നെ ചെയ്യും പുനരുദ്ധാന നാളിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം പൂർണമായി നൽകപ്പെടുകയുള്ളൂ അതിനാൽ ആരെങ്കിലും അഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവൻ വിജയിച്ചു ഐഹിക ജീവിതം എന്നത് വഞ്ചനയുടെ ഒരു വിനോദം മാത്രമാണ്